Jacollande 画 une mis morally Ainth rancâ kleine യും ബ്രഹ്മവന്തി ഒന്നാം മന്ത്രം ചേദ സന്തമമേനം തോ വിധുരിശേഷ ശാരീര ആത്മാ പണുപ്രശ്ന സുവാൻ അമോകം പ്രേയ കോകം പ്രേയ കമസ്യ തശത്ത് <Sitaka> സത്യമഭവത് ഇതിദം തഗക്ഷേത് തദപേഷ ശ്ലോകോം അസ സജ്ജതീതി ശ്രുത്യന്തരം അസതഹ സജ്ജന്മാസംഭവം അന്വാജിഷ്ഠി ന്യായതൂകീതനും ഇതേ വിഷയം പറയുന്നുണ്ട് സത് അസത് ഈ വിഷയം ചർച്ച ചെയ്യും അവിടെ ചോദിക്കുന്നു കഥം അസതഹ സജായിത എങ്ങനെയാണ് അസത്തിൽ നിന്ന് സത് അവിടെ ശ്രുതി എന്ത് ചെയ്യുന്നു അസത സജ്ജ അസംഭവം അനുവാചിഷ്ഠേ അവിടെ ശ്രുതി വ്യാഖ്യാനിക്കുന്നു അസത്തിൽ നിന്ന് സത്തിന്റെ ഉത്പത്തി ഉണ്ടാകത്തില്ല യുക്തിയുക്തം ന്യായക്കഹ തസ്മാരമേയുക്തം അതുകൊണ്ട് മുമ്പ് പറഞ്ഞു ആകാശാദികൾക്കും കാരണമാണ് ധർമ്മം ആകാശാദികൾക്കും കാരണമായിരിക്കുന്ന ബ്രഹ്മം സത്താകാൻ വഴിയും അസത്താകാൻ വഴി അതിനുള്ള യുക്തികളെല്ലാം പറഞ്ഞു അസത്തിൽ നിന്നുണ്ടായാൽ നാമരൂപാത്മകമായി ഒന്നും തന്നെ അനുഭവപ്പെടത്തില്ല കാരണം അസത്ത് നാമരൂപരഹിതമാണ് ഇതെല്ലാം പറഞ്ഞു തസ്മ സദൈവ ബ്രഹ്മേതി യുക്തം അതുകൊണ്ട് ബ്രഹ്മം സത്ത് തന്നെ തദ്ദേ കാരണം അചേതനം തറക്കി എന്തായാലും സത്താണെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അത് അചേതനമാകാമോ അതോ ചേതനമാണ് പ്രതീതി മൃത് ബീജാധിപത് കാരണം കാരണം ആണെന്ന് എങ്ങനെയാണോ പാത്രത്തിന് മൃത്തുപോലെയും വൃക്ഷത്തിന് ബീജം പോലെയും അത് കാരണമാണ് പക്ഷെ ആ കാരണം അചേതനമാണെങ്കിലോ പാത്രത്തിന് കാരണമായിരിക്കണം ബ്രത്ത് അചേതനമാണല്ലോ മണ്ണചേതനമാണ് അതിൽ നിന്ന് പാത്രം ഉണ്ടാവുന്നു അതുപോലെ അചേതനമായ ഒന്നിൽ നിന്ന് ഉണ്ടായിരുന്നു കരുതിയാലോ ഇല്ല എന്നാ കാമിതൃത്വ അത് കാമിച്ചു എന്ന് പറയും കാമനെ കുറിച്ച് പറയും ആഗ്രഹിച്ചു ആഗ്രഹം അതെങ്ങനെ അചേതനത്തിൽ സംഭവിക്കും മണ്ണിനാഗ്രഹിക്കാൻ കഴിയും എന്നാൽ ഹീ കാമ അചേതനം അസ്ഥിത്വമൊക്കെ ഒരു കാമയ്യത്ത ആഗ്രഹിക്കുന്ന ഒരുവൻ അത് അചേതനമാണ് അചേതനാശൂന്യനാണ് എന്ന് വരല്ല ലോകത്തിനാറില്ല അതുകൊണ്ടിവിടെ ശ്രുതി എന്നെ പറയുന്നു സോ അകാമത സൃഷ്ടിക്കും മുമ്പ് അവൻ ആഗ്രഹിച്ചു സങ്കൽപ്പിച്ചു എന്നെല്ലാം പറ ഈ സങ്കല്പം കാമന ഭാവന എന്നും പറയും അതെങ്ങനെ അചേതനായ വരുമനിൽ സംഭവിക്കും അല്ലെങ്കിൽ അചേതനത്തിൽ എങ്ങനെ സംഭവിക്കും അത് സംഭവിക്കത്തില്ല അതുമാത്രമല്ല സർവജ്ഞം ഹി ബ്രഹ്മീത്യപോചാമും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇത് സർവജ്ഞമാണ് സർവജ്ഞത്വത്തെ കുറിച്ച് മുമ്പ ചർച്ച ചെയ്ത ഈ പ്രപഞ്ച കാരണത്തെ സർവജ്ഞമായി പറയുന്നു അത് അചേതനമാണെന്ന് സങ്കല്പിക്കുക രണ്ടും ശരിയാകത്തില്ല സർവജ്ഞമാണെങ്കിൽ ഇത് അചേതനമല്ല നിശ്ചിതമായി അതുകൊണ്ട് അധ കാ കാമയിതൃത്വ ഉപകത്ത് അതുകൊണ്ട് അതിന് ആഗ്രഹിക്കാം സങ്കല്പിക്കാം ഭാവന ചെയ്യാം ജഗത്തിൻ്റെ വൈചിത്യത്തെ സൃഷ്ടികർത്താവ് ഭാവന ചെയ്യുന്നു തൻ്റെ ഭാവനയ്ക്കനുസരിച്ച് സംഭവിക്കട്ടെ എന്ന് സങ്കല്പിക്കുന്നു ഇതെല്ലാം സൃഷ്ടികർത്താവിൽ സംഭവിക്കാം കാമയേതൃത്വ ഉപകത്തി അതിന് സൃഷ്ടിക്കും മുമ്പ് സൃഷ്ടികൾക്ക് അവ കാമിച്ചു സങ്കല്പിച്ചു അല്ലെങ്കിൽ ഭാവന ചെയ്തു ആഗ്രഹിച്ചു സൃഷ്ടി ഉണ്ടായി എന്ന് വന്നുകഴിഞ്ഞാൽ ലോകത്ത് ഏത് ജീവനും എന്ത് സൃഷ്ടിക്കുമ്പോൾ കുലാലൻ പാത്രത്തെ ഉണ്ടാകുന്നു അവിടെ എന്ത് ചെയ്യുന്നു ഇതെല്ലാം ഒക്കെയാണ് ചെയ്യുന്നത് ആഗ്രഹിക്കുന്നു ഭാവനയെന്ന് സങ്കല്പിക്കുന്നു പിന്നീട് പ്രവർത്തിക്കുന്നു അപ്പൊ ഇതൊരു സാധാരണ ജീവന്റെ പണിയാണ് അപ്പോൾ ജീവനും ഈശ്വരനും തമ്മിൽ എന്താ വ്യത്യാസം ജീവനെപ്പോലെ തന്നെ ഈശ്വരനും കാമിക്കുന്നുവെന്നാൽ കാമയെ തൃത്വാ അസ്മതാധിപത് അനാപ്ത കാമിച്ച് അങ്ങനെ ഈശ്വരനും ഒരു കാമനയുണ്ടെന്ന് ശ്രുതി എന്നാ അസ്മതാധിപത് ജീവന്മാരെ പോലെ അനാപ്ത കാമനാകും പൂർണ്ണ കാമനാകത്തില്ല എന്നുള്ളത് ഇവരോട് കാമനകൾ ശേഷിക്കുന്നവൻ വീണ്ടും ആഗ്രഹിക്കുന്നവൻ ഇതെല്ലാം അജ്ഞനായ ജീവന്റെ കർമ്മങ്ങളാണ് ഈശ്വരനും സ്വകാമേത ഈശ്വരൻ കാമിച്ചു എന്ന് പറഞ്ഞാൽ ഈശ്വരനും ജീവനെപ്പോലെ ആകുന്നു എന്താ വ്യത്യാസം കാമനകൾ പൂർത്തീകരിക്കാത്തവൻ ആഗ്രഹങ്ങൾ ശേഷിക്കുന്നവൻ അത് ജീവനാണ് എന്നുവരും സ്വകാമേത എന്ന് പറഞ്ഞാൽ എന്താ താല്പര്യം അവൻ കാമിച്ചു പറയുന്നു സ്വാതന്ത്ര്യ പിന്ന ഈശ്വരന് വ്യത്യാസമുണ്ട് ഈശ്വരൻ സ്വതന്ത്രനാണ് ജീവനാണെങ്കിലോ പരതന്ത്രം ഇതും തമ്മിൽ വ്യത്യാസം ഇപ്പൊ കാമന ഉണ്ടോ ഇല്ലേ എന്നുള്ളതല്ല അതെല്ലാം എന്തിനെ ആശ്രയിച്ച് എങ്ങനെയാണ് നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സ്വതന്ത്രനാണ് ജീവനാണെങ്കിലോ സ്വയംവജ്ഞനാണ് അവിദ്യയാകുന്ന ഉപാധിയാണ് ആ ഉപാധിക്ക് വശമ്പതനായി പരതന്ത്രനായി അവൻ കാമിക്കുന്നു ഈശ്വരൻ അങ്ങനെയല്ല ഈശ്വരനെ പരതന്ത്രനാക്കുന്ന ഉപാധിയുള്ള ഈശ്വരൻ്റെ കാമനയ്ക്ക് വേണ്ട ശക്തി അത് ഈശ്വരനധീനമാണ് അല്ലെങ്കിൽ ഈശ്വരൻ്റെ ആ കാമനാ ശക്തി ഈശ്വരന്റെ സങ്കല്പശക്തി അതീശ്വരന് അധീനമാണ് അനിയണമായെന്നും മറ്റും പറയും അപ്പോൾ ഈശ്വരൻ അതിന് എപ്പോഴും ആ കാമനയ്ക്ക് അതീതനായിരിക്കുന്നു അതിനധീശ്വനായിരിക്കുന്നു സ്വതന്ത്രനായിരിക്കുന്നു അതുകൊണ്ട് ഈശ്വരനെയും ജീവനെയും തരപ്പെടുത്താൻ പാടില്ല ജീവന്റെ കാമനകളല്ല ഈശ്വരൻ്റെ യഥാ അന്യാൻ പരവശീകൃത്യ കാമാതി ദോഷ പ്രവർത്തയന്തി ഇന്നത്തെ ബ്രഹ്മണ പ്രവർത്തകാഹ കാമാ അന്യാൻ ജീവന്മാരെന്തു ചെയ്യുന്നു പരവശനാക്കുന്നു കാമന പൂർണ്ണമായും ജീവനതിനെ കീഴ്പ്പെടുത്തുന്നു അതിനുള്ള ശക്തി അതിനു അവിദ്യാശക്തി അതുകൊണ്ട് കാമാതി ദോഷങ്ങൾ കാമം ക്രോധം തുടങ്ങിയ ദോഷങ്ങളാണെന്ന് പ്രവർത്തിപ്പിക്കുന്നത് ദോഷരൂപത്തിൽ ജീവൻ സ്ഥിതി കൊണ്ട് ജീവന പ്രവർത്തി കർമ്മങ്ങളിൽ പ്രവർത്തിപ്പിക്കുന്നു കർമ്മഫലത്തിന്റെ ഭോക്താവാക്കുന്നു അവനെ എന്തുകൊണ്ട് അവന് ജന്മനാസിദ്ധമാണ് പാരതന്ത്രി ന തഥാ ബ്രഹ്മണ പ്രവർത്തകാഹ കാമാഹ ഈശ്വരന് പ്രവർത്തിപ്പിക്കുന്ന അങ്ങനെയുള്ള കാമങ്ങളൊന്നുമില്ല കാമാതി ദോഷങ്ങളല്ല ഈശ്വരനെ പ്രവർത്തിപ്പിക്കുന്നത് എന്നാ പിന്നെന്താ ഈശ്വരത്വം ഈശ്വരനെ ഈശ്വരൻ എന്ന് പറയാൻ കഴിയിട്ടില്ല തഥ ബ്രഹ്മനെ പ്രവർത്തിപ്പിക്കാനൊന്നുമില്ല കഥം ദർഹി എന്തുകൊണ്ട് സത്യജ്ഞാനലക്ഷണ സ്വർണ്ണഭൂത വിശുദ്ധി ബ്രഹ്മ പ്രവർത്തിയത്തെ ഈശ്വരന്റെ കാമെന്ന് പറയുന്ന എന്താണത് സത്യജ്ഞാനസ്വരൂപമാണോ ഈശ്വരനെ കുറിച്ച് പറഞ്ഞില്ലേ സത്യം ജ്ഞാനം അനന്തം ആനന്ദം എന്നെല്ലാം പറഞ്ഞില്ലേ അത് തന്നെയാണ് ഈശ്വരന്റെ കാമം അല്ലാതെ ഈശ്വരനിൽ സത്യമല്ലാത്ത ജ്ഞാനമല്ലാത്ത അനന്തമല്ലാത്ത വേറിട്ടൊരു കാമില്ല സത്യം ജ്ഞാനം അനന്തം എന്ന് പറയുന്നത് പോലെ മറ്റൊരു പദമാണ് കാമെന്ന് പറയുന്നത് അതിന് സത്യജ്ഞാനരക്ഷണ സത്യജ്ഞാനസ്വരൂപമാണത് സ്വത്മഭൂതത്വ അത് ഈശ്വരസ്വരൂപമാണ് വിശുദ്ധ ഈശ്വരൻ വിശുദ്ധനാണു ഈശ്വരന്റെ സങ്കല്പങ്ങളും വിശുദ്ധമാണ് ഈശ്വരന്റെ ഭാവനകളും വിശുദ്ധമാണ് അതിന് കാമാതി ദോഷങ്ങളൊന്നുമില്ല എന്നാലും ഈശ്വരനാകത്തുള്ളൂ ഇന്നത്തെ ഹി ബ്രഹ്മപ്രവർത്തിയതേ അപ്പൊ ഈശ്വരനവിടെ മറ്റൊരു പ്രേരകമില്ല ഒരു ഉപാധിയില്ല ഈശ്വരനിൽ നിന്നും വേറിട്ടിരിക്കുന്നു എങ്ങനെയാണോ ജീവന് ജീവന്റെ ഉപാധിയായിരിക്കുന്ന കാമങ്ങളും മറ്റും അവനെ പ്രേരിപ്പിക്കുന്നു പ്രവർത്തിപ്പിക്കുന്നു അതുപോലെ മറ്റൊരു മറ്റൊന്നും ഈശ്വരനെ പ്രവർത്തിപ്പിക്കാനില്ല ഈശ്വരന്റെ ഉപാധിയെ മായെന്നും മറ്റും പറയും അതും എന്താണ് സത്യജ്ഞാനലക്ഷണം ഈശ്വരൻ്റെ കാമം പോലും സത്യജ്ഞാനരൂപമാണെങ്കിൽ ഈശ്വരന്റെ ശക്തി മായാശക്തിയും അത് സത്യജ്ഞാനരൂപം തന്നെ തൈർ ബ്രഹ്മപ്രവൃത്തിയതേ അതുകൊണ്ട് എങ്ങനെയാണോ കാമാതി ദോഷങ്ങൾ ജീവനെ പ്രവർത്തിപ്പിക്കുന്നതുപോലെ ഇത് ദോഷങ്ങളായി ഈശ്വരനെ കൊണ്ടൊന്നും ചെയ്യിക്കുന്നില്ല അങ്ങനെ സംഭവിക്കുന്നില്ല ദേശാന്ത തത്പ്രവർത്തകം ബ്രഹ്മ പ്രാണികർമ്മ അപേക്ഷയൊക്കെ ഈ ജീവന്റെ കാമാതി ദോഷങ്ങൾ അതിനെല്ലാം പ്രവർത്തിപ്പിക്കുന്നതാണ് ഈശ്വരൻ പ്രവർത്തിപ്പിക്കുന്ന ആളാണ് അല്ലാതെ അത് നിമിത്തമായി പ്രവർത്തിക്കുന്ന ആളല്ല ജീവൻ അങ്ങനല്ല അവന്റെ കാമങ്ങൾ നിമിത്തമായി പ്രവർത്തിക്കുന്നു തേഷാവ തത്പ്രവർത്ത കാമാതി ദോഷങ്ങൾ ജീവൻ അതിനെ പ്രവർത്തിപ്പിക്കുന്നതാണ് തദ്ബ്രഹ്മ ആ ബ്രഹ്മം ബ്രാഹ്മൻ സർവഭൂതൻ ഗീതയിൽ പറഞ്ഞത് പ്രാണികളുടെ ഹൃദ്ദേശത്തിരുന്നു കൊണ്ട് അതിനെ പ്രവർത്തിപ്പിക്കുന്നു അവന്റെ കാമങ്ങളെയും മറ്റും ആശ്രയിച്ചു പ്രാണി കർമാപേക്ഷി അവന്റെ കർമ്മത്തെ അപേക്ഷിച്ച സൃഷ്ടിസ്ഥിതി ജനന മരണങ്ങളിലൂടെ എല്ലാം ജീവനെ നയിക്കുന്നു അത് പ്രാണികർമ്മത്തെ അപേക്ഷിച്ചിട്ടാണ് ഈശ്വരൻ എന്തെങ്കിലും തൻ്റെതായ അശുദ്ധമായ ഉപാധിയെ സ്വീകരിച്ചിട്ടല്ല ജീവന്മാരിൽ ദോഷങ്ങളുണ്ട് ആ ദോഷങ്ങൾക്കനുസരിച്ച് അവരെ പ്രവർത്തിപ്പിക്കുന്നു തസ്മാ സ്വാതന്ത്ര്യം കാമേഷ ബ്രഹ്മണ അതുകൊണ്ട് ബ്രഹ്മത്തിന് അതിന് പൂർണ്ണ സ്വാതന്ത്ര്യമാണ് അത് ആ കാമം സത്യജ്ഞാനസ്വരൂപമാണ് അവിടെ പരാധീനതയില്ല അജ്ഞതയില്ല അതുകൊണ്ട് സ്വാതന്ത്ര്യം അത് പൂർണ്ണ സ്വതന്ത്രനാണ് അത അനാപ്ത കാമം ബ്രഹ്മ അത് ബ്രഹ്മത്തെ അനാപ്തകാമൻ ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കേണ്ടവൻ എന്ന് പറയാൻ കഴിയില്ല ജീവൻ എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു ആഗ്രഹങ്ങൾ സഫലമാക്കാൻ വേണ്ടി ആഗ്രഹ പൂർത്തിക്ക് വേണ്ടി ഇവിടെ പറയുന്ന ഈശ്വരനും ആഗ്രഹിച്ച് സ്വകാമയതാണ് ഈശ്വരനും എന്തെങ്കിലും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ കാണും പറയുന്നില്ല ഈശ്വരൻ്റെ ആഗ്രഹം എന്താണ് അത് സ്വയം പൂർണ്ണമാവും െ കുറിച്ച് പറയുന്നത് എന്താണത് പൂർണനാണ് അപ്പോൾ പൂർണ്ണതയിലെ ആഗ്രഹം എന്ന് പറയുന്നത് കാമം എന്ന് പറയുന്നത് പൂർണ്ണതയാണ് അത് ആപ്ത കാമനാണ് ഇനിയൊരു ജഗത്തിനെ സൃഷ്ടിച്ച് അതുകൊണ്ട് സന്തോഷിക്കാം അങ്ങനെ ഒരു അപൂർണമായ കാമത്തെ പൂർണ്ണമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാമനയില്ല അല്ലെങ്കിൽ ഇത് സൃഷ്ടിക്കുന്നത് ഒരു വിനോദമാണ് അങ്ങനെയൊന്നുമില്ല മറിച്ച് എന്താണ് ആപ്തകാമനാണ് ജീവന്റെ കാമനകളുമായി താരതമ്യപ്പെടുത്തി പറയുകയാണ് ജീവന്റെ കാമനകൾക്കുള്ള ആ പോരായ്മകളൊന്നും തന്നെ ഇല്ല അത് സത്യജ്ഞാന സ്വരൂപമാണോ മാത്രവല്ല എന്താണോ സാധനാന്തര അനപേക്ഷത്വം അവൻ്റെ കാമനകൾ ജീവൻ്റെ കാമനകൾ മറ്റ് സാധനങ്ങൾ അപേക്ഷിക്കുന്നു അവന് സ്വർഗ കാമനയുണ്ടായി ഉടൻ യാഗ എന്ന് പറയുന്ന സാധനത്തെ അവനപേക്ഷിക്കേണ്ടി വരുന്നു സമ്പത്തിൻ്റെ കാമന ഉണ്ടായി അതിൻ്റെ ഉപായങ്ങളാകുന്ന സാധനകളെ സ്വീകരിക്കേണ്ടി വരും അപ്പം ജീവന്റെ കാമ പൂർത്തി സാധനകളെ അപേക്ഷിച്ചിട്ടാണ് സഫലമാകാം നിഷ്ഫലമാകാം എന്തായാലും സാധനാന്തരം തന്നിൽ നിന്നും അന്യമായ സാധനകളെ അവൻ അപേക്ഷിക്കുന്നു ഈശ്വരനാണെങ്കിലോ തന്നിൽ നിന്ന് അന്യമായ ഒന്നുമില്ല അപ്പോ സത്യജ്ഞാന രൂപത്തിലുള്ള ആ കാമനകൾക്ക് സാധനാന്തര അതുകൊണ്ട് സ്വകാമയത ഈശ്വരൻ കാമിച്ചു എന്ന് പറഞ്ഞ് കേട്ടിട്ട് അത് ജീവൻ അവന്റെ നിലയിൽ നിന്ന് ചിന്തിക്കുന്നു അന്യേഷം അനത്മഭൂതമാനിമേക്ഷ കാമാവ്യതിരിക്തകാര്യ കാരണസാധനന്തരപേക്ഷാശ്രമണോ നിമിത്തപേക്ഷം തീ സ്വാത്മനോ അനനിയത് കിഞ്ച യഥാ അന്വേഷാം എന്ന് വെച്ചാൽ ജീവന്മാർ അനാത്മഭൂത ധർമാതിനിമിത്താപേക്ഷ കാമാഹ ജീവൻ എന്താണ് പറയുന്നത് ഞാൻ എന്റെ കാമം എന്നാ പറയുന്നത് എന്റെ പുണ്യം എന്റെ പാപം എന്റെ കാമം അപ്പോൾ ഞാൻ എന്റെ കാമത്തിൽ നിന്നും എന്റെ പുണ്യപാപങ്ങളിൽ നിന്നും വേറെയാണ് ഞാൻ എന്നിൽ കാണും പുണ്യപാപങ്ങളെ കാമങ്ങളും ആ ജീവൻ സ്വയം അനുഭവിക്കും താനും തൻ്റെ കാമങ്ങളും പുണ്യപാപങ്ങളും തമ്മിലുള്ള ഭേദത്തെ ഇത് പ്രത്യക്ഷമായ അനുഭവമാണ് ജീവന് പറയാൻ കഴിയത്തില്ല ഞാനാണ് പുണ്യം ഞാനാണ് പാപം ഞാനാണ് കാമം അങ്ങനെ പറയാൻ കഴിയുന്നില്ല അങ്ങനെ അനുഭവിക്കാൻ കഴിയുന്നില്ല ഇവിടെ സ്വസ്വരൂപത്തിൽ നിന്ന് തന്നിൽ നിന്ന് വേറിട്ട് കാമാദികളെ അറിയുന്നു അനുഭവിക്കുന്നു അതിനെ ആശ്രയിക്കുന്നു അതാണ് അന്വേഷണം അനാത്മഭൂത ആത്മഭൂതമല്ല സ്വസ്വരൂപമല്ല എന്ത് കാമങ്ങൾ ധർമാതിനിമിത്താപേക്ഷ പുണ്യപാപങ്ങളെയും മറ്റും അപേക്ഷിക്കുന്നു സ്വാത്മവ്യതിരിക്ത കാര്യകാരണ സാധനാന്തര അപേക്ഷ അതെപ്പോഴും തന്നിൽ നിന്നും അന്യമായിരിക്കുന്ന കാര്യ കാരണ സാധനങ്ങളെ അപേക്ഷിക്കുന്നു അതാണ് സ്വർഗത്തിന് കാമിക്കുന്നവൻ യാഗത്തെ അപേക്ഷിക്കുന്നു എല്ലാ കാമനകളും നേടുന്നതിന് ബാഹ്യമായ ഉപായങ്ങളെ അന്വേഷിക്കുന്നു തഥ ബ്രഹ്മം അങ്ങനെയല്ല ഈശ്വരൻ അങ്ങനെയല്ല ബ്രഹ്മണ നിമിത്താദ്യ അപേക്ഷത്വം ബ്രഹ്മം ഒരു നിമിത്തത്തെയും അപേക്ഷിക്കുന്നു കിന്തർഹി പിന്നെയോ സ്വാത്മനോ അനന്യാഹ ആ ബ്രഹ്മകാമന ഈശ്വര കാമന എന്ന് പറയുന്നത് എന്താണ് സ്വാത്മനോ അനന്യാഹ സ്വസ്വരൂപത്തിൽ നിന്ന് അതന്യമല്ല ഈശ്വരസ്വരൂപത്തിൽ നിന്ന് വേറിട്ടല്ല ഈശ്വരൻ ഒരിക്കലും അവിദ്യയ്ക്ക് അധീനനായി ഭേദഭാവനയോടുകൂടിയവനായി മാറുന്നില്ല അതുകൊണ്ട് ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സ്വാത്മനോ അനന്യാഹ ആ കാമന തന്നിൽ നിന്നും അന്യമല്ല അനന്യമാണ് താൻ തന്നെയാണ് ജീവനെപ്പോലെ ഈശ്വരൻ പറയില്ല എന്റെ കാമനകൾ എന്റെ പുണ്യപാപങ്ങൾ അത് പറയേണ്ടതായിരുന്നു ഈശ്വരൻ സ്വയം അത് തന്നെയാണ് അത് തന്നെയാണ് സത്യമായും ജ്ഞാനമായും ആനന്ദമായും ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നത് തദ്ദേഹ കാര്യമാണ് ഇവിടെ വിശദീകരിക്കുന്നത് ആകാശ സംഭവത ഈ ആത്മാവിൽ നിന്നാണ് ആകാശാദ സൃഷ്ടികളുണ്ടായത് ആദ്യം കാര്യകാരണത്തെക്കുറിച്ച് പറഞ്ഞു ആകാശത്തിനും കാരണമാണ് ആത്മാവ് സകാമേത ആ ആത്മാവ് ഏതൊരാത്മാവാണോ ആകാശത്തെയും മറ്റും സൃഷ്ടിക്കുന്നതിന് സമർത്ഥനായിരിക്കുന്നത് സ ആത്മാ യസ്മാകാശ സംഭൂത ഏതൊരുവിനു നിന്നാണോ ഈ ആകാശം ഉണ്ടായത് സ്വകാമയതാമിതവാൻ അവൻ കാമിച്ചു കഥം എങ്ങനെ ബഹുസ്യാം ബഹുപ്രഭൂതം ഭവേയം ം ബഹുജ പ്രഭൂതം ഭവേയം ഭവിക്കട്ടെ ശ്യാം ഭവേയം ഞാൻ ബഹു ഭവിക്കട്ടെ ധാരാളമായി ഭവിക്കട്ടെ നുജ പലതായി തീരട്ടെ ഇതാണ് കാമന ഈശ്വരന്റെ സത്യകാമന എന്ന് ീശ്വരന്റെ ജ്ഞാന കാമന അങ്ങനെ ഈശ്വരൻ സങ്കല്പമുണ്ട് അപ്പൊ കാമന എന്ന് പറയുന്നത് എന്തായി സങ്കല്പമായി ഈശ്വരൻ ജ്ഞാനസ്വരൂപനാണോ ഈശ്വരനെ സങ്കല്പിക്കാം ഞാൻ പലതാവട്ടെ കഥം ഏകസ്യ അർത്ഥാന്തര അനനുപ്രവേശി ബഹുത്വം സ്ഥ്യപ്പിച്ചത് ഒരാൾ ഏകനായി തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ എങ്ങനെ ബഹുത്വം സംഭവിക്കും ബ്രഹ്മം ഏകമാണ് അർത്ഥാന്തര അനനുപ്രവേശി മറ്റെന്നതിനേക്കൊരനുപ്രവേശം അത് സാധ്യമാണ് അത് സാധ്യമാകാതെ എങ്ങനെ ബഹുത്വം സംഭവിക്കും ആദിത്യനേകനാണ് ഏകനായ ആദിത്യനെങ്ങനെ ബഹുത്വം സംഭവിക്കും അത് സംഭവിക്കണമെങ്കിൽ ആദിത്യൻ അനേകം ജലാശയങ്ങൾ പ്രതിബിംബിക്കുന്നു അനേകം ജലാശയങ്ങൾ പ്രതിബിംബിക്കുമ്പോ അത് പലതായി അതായി ആദിത്യന്റെ അനുപ്രവേശം അങ്ങനെ ഒന്നും സംഭവിക്കാതെ ഒരുവനു പലതാകാൻ കഴിയത്തില്ല ആദിത്യൻ അങ്ങനെ ഒരു അനുപ്രവേശം നടത്തിയപ്പോ ഒരു ആദിത്യൻ പലതായി എല്ലാ ജലാശയങ്ങളിലും പ്രതിബിംബ രൂപത്തിൽ അവൻ പലതാകി അതില്ലാതെ ഒരാൾക്ക് പലതാകാൻ പറ്റത്തില്ല ഇവിടെ പലതാകുക എന്ന് പറഞ്ഞാൽ എന്താണ് ഈശ്വരൻ സർവജ്ഞനായി സർവശക്തനായി ഇരിക്കുകയാണ് ആ ഈശ്വരൻ പലതാകുക എന്ന് പറഞ്ഞാൽ ആ ഈശ്വരന് ആത്മജ്ഞന്മാരായ ആനന്ദ ജീവന്മാരായി മാറണം പലതാകുക ഞാൻ പ്രഭൂതം ഭവേയം എന്ന് പറഞ്ഞു വേദന ഇരുന്നാൽ പോലെ നാനാജീവന്മാരായി മാറണം അങ്ങനെ മാറണമെങ്കിൽ സൂര്യൻ എങ്ങനെയാണോ ഓരോ ജലത്തുള്ളികളിലും അനുപ്രവേശം നടത്തിയത് പ്രതിബിംബിച്ചത് അതുപോലെ അയാളെ ബഹുത്വം സാ പ്രജായേയ ഉത്പത്തിയേയ ഉത്പന്നനാകുമെന്നും ഞാനെങ്ങനെ പലതായി മാറും നീ പുത്ര ഉത്പത്തി ഇവ അർത്ഥാന്തര വിഷയം ബഹുഭവനം കഥം തർ ആത്മസ്ത അനഭിവ്യക്തനാമരൂപ അഭിവ്യക്തി പുത്രോത്പത്തിയായു പുത്രനുണ്ടാകുന്നു അപ്പോ പിതാവ് പേരെ പുത്രൻ പേര് അനേക പുത്രന്മാരുണ്ടാകുന്നു അവിടെ എന്തോന്നു അനേകത്വം വന്നു കഴിഞ്ഞു ഭേദവും വന്നു കഴിഞ്ഞു പുത്രനല്ല പിതാവ് പിതാവ് പേര് പുത്രൻ പേര് അവിടെ എന്ത് വരുന്നു അർത്ഥാന്തര വിഷയം മറ്റൊരു വിഷയം സംഭവിക്കുന്നു അർത്ഥാന്തരം സംഭവിക്കുന്നു പിതാവിന് സ്വയം പുത്രനാകാൻ കഴിയുന്നില്ല അനേക പുത്രന്മാരെ സൃഷ്ടിക്കാൻ കഴിയുന്നു അവിടെ ഒന്ന് പലതായി മാറുകയല്ല ഒന്നിൽ നിന്നും മറ്റൊന്നും ഉണ്ടാകുകയാണ് ബഹുഭവനം കഥം തർഹി പിന്നെങ്ങനെയാണ് ഇവിടെ സംഭവിക്കുന്നത് ഇവിടെയും എന്താണ് പറഞ്ഞത് ബഹുഭവേയം പലതായി തീരട്ടെ ഇപ്പോൾ ഒരു പിതാവിൽ നിന്നും അനേക പുത്രന്മാരുണ്ടാകുന്നതുപോലെ ഒരു ഈശ്വരനിൽ നിന്നും അനേക ജീവന്മാരുണ്ടായി അതാണോ ബഹുഭവനം അല്ലാതെ അങ്ങനെ നമ്മൾ ധരിക്കും ഒരു ഈശ്വരൻ സങ്കല്പിച്ചു അനേക ജീവന്മാരും ഇവിടെ ഉണ്ടായി അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഒരു പിതാവും അനേക പുത്രന്മാരും പോലെ ഭേദത്തെ സ്വീകരിക്കേണ്ടി അതാണ് ഭൂഭവനം അതല്ല കഥംധറിയിട്ട് എങ്ങനെയാണ് ഇവിടുത്തെ ഭൂഭവനം ആത്മസ്ഥ അനഭിവ്യക്ത നാമരൂപ അഭിവ്യക്തിയ ഇത്രയും ഈശ്വരനിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അനഭിവ്യക്തമായ നാമരൂപങ്ങളുടെ അഭിവ്യക്തി അഭിവ്യക്തി എന്ന് വെച്ചാൽ പ്രകടഭാവം നേരെ വിപരീതമാണ് അനഭിവ്യക്തം ഈശ്വരനിൽ തന്നെ പ്രകടമാകാതിരിക്കുന്ന നാമരൂപങ്ങളുടെ പ്രകടഭാവം അതാണ് സൃഷ്ടി അതുകൊണ്ട് ഈശ്വരൻ സൃഷ്ടിക്കുന്നതിന് ഈശ്വരൻ നിന്ന് വേറെയാകാൻ കഴിയത്തില്ല പിതാവ് സൃഷ്ടിക്കുമ്പോ പുത്രൻ പിതാവിൽ നിന്ന് അന്യനാകുന്നു ആ ഭേദം കൊണ്ട് എല്ലാ സംഭവിക്കുന്നു പുത്രൻ ജീവിക്കുന്നു പിതാവ് മരിക്കുന്നു ഭേദത്തെ ആശ്രയിച്ച് രണ്ടും രണ്ട് അസ്തിത്വങ്ങളായി മാറുന്നു ഇവിടെ അങ്ങനെയല്ല പലതായി എന്ന് പറയുമ്പോൾ ഒരു പല ജീവന്മാരെ സൃഷ്ടിച്ചു എന്നൊന്ന് പറഞ്ഞു വെച്ചാൽ തന്നെ പ്രകടമാകാതിരുന്ന നാമരൂപങ്ങൾ പ്രകടമാണ് ആ നാമരൂപങ്ങൾ പ്രകടമാകുന്നതാണോ ഈ ജീവന്മാരെല്ലാം പശു പക്ഷിയാദികളല്ല ഉക്ഷലതാദികളെല്ലാം എന്താണോ അതിൽ നാമരൂപങ്ങൾ പ്രകടമാകുന്നതാണ് യഥാ ആത്മസ്ഥെ അനബിംബ്യക്തെ നാമരൂപേ വ്യാക്രിയേതേ തഥാ ആത്മസ്വരൂപ അപരിത്യാഗേ നൈവ ബ്രഹ്മണ അപ്രവിഭക്തദേശകാദേക്രിയേതെ തഥാ തന്നാമരൂപം വ്യാകരണം ബ്രഹ്മണോ ബഹുഭവന അത് വളരെ വ്യക്തമാക്കുന്നു ഈ നാമരൂപങ്ങളെല്ലാം ഈ പ്രപഞ്ചം അതാണ് നാമരൂപം എന്ന് പറയുന്നത് എല്ലാം ഈശ്വരൻ തന്നെ ഉണ്ടായിരുന്നു ആത്മസ്ഥേ ഈശ്വരൻ എങ്ങനെയുണ്ടായിരുന്നു ഈശ്വരസ്വരൂപമായിട്ട് തന്നെ ഇരുന്നു ഓരോ ജീവനും ഈശ്വരസ്വരൂപമായി തന്നെ ഇരുന്നു അനഭിവ്യക്തി പക്ഷെ ജീവഭാവത്തിനത് പ്രകടമായിരുന്നു ജാഗ്രത സ്വപ്ന സുഷൃതികൾ എങ്ങനെയാണോ പ്രകടമാവുകയും വിലയിക്കുകയും ചെയ്യുന്നത് അതുപോലെ അനഭിവ്യക്തമായിരുന്നു സുഷൃത്തിയെ പോലെ സുഷൃത്തിയിൽ എന്ത് ചെയ്യുന്നു നാമരൂപങ്ങൾ അനഭിവ്യക്തം ഒന്നും പ്രകടമാകുന്നു നാമോല രൂപവും അനഭിവ്യക്തി നാമരൂപേ വ്യാക്രിയേത എന്നുവെച്ചാൽ അത് പ്രകടമാകുന്നു വ്യാകരിക്കുന്നു പ്രകടമാകുന്നു നാമവും രൂപം അത്രയേ ഉള്ളൂ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ നാമരൂപമാണ് അതുകൊണ്ടാണ് വ്യാക്രീയത്തെ അത് പ്രകടമാകുന്നു തഥാ നാമരൂപേ എങ്ങനെ പ്രകടമാകുന്നു സ്വർണത്തിൽ നിന്ന് ആഭരണങ്ങൾ പ്രകടമാകുന്നതുപോലെ ഏതെല്ലാം തരത്തിലുള്ള ആഭരണങ്ങളാണ് ഏതെല്ലാം രൂപത്തിലുള്ളതാണ് ഏതെല്ലാം നാമത്തിലുള്ളതാണ് പക്ഷെ ഇവിടെ ഉള്ളൂ അത് എവിടെ നിന്ന് വന്നു വിശേഷം ആ രൂപം നാമം ഒരു ജീവനത്തിന് കൊടുക്കുന്നതാണ് പക്ഷെ ആ രൂപം എവിടെ നിന്ന് വന്നു നാമം അതിൽ നിന്നല്ല വന്നു നമുക്ക് പറയാം പക്ഷെ സ്വർണ്ണത്തിലെ രൂപം ആ രൂപം അതിൽ നിന്ന് തന്നെ പ്രകടമായി ആ രൂപത്തിനനുസരിച്ച് അതിനൊരു നാമത്തെ ആരോപിച്ച് ജീവൻ ശരി സ്വർണത്തിന് ആ രൂപം വന്നപ്പോൾ അതിന് സ്വർണം ആകാതിരിക്കാൻ കഴിഞ്ഞു സ്വർണത്തിൽ ഒരു പ്രത്യേക രൂപം പ്രത്യേക ആഭരണമാകുമ്പോൾ അതിന് ഒരിക്കലും സ്വർണം ആകാതിരിക്കാൻ കഴിയത്തില്ല അതിനുവേണ്ടി ഒന്നും ശ്രമിക്കാൻ കൂടി കഴിയത്തില്ല ഏത് രൂപത്തെ പ്രാപിച്ചാലും അത് സ്വർണമായിട്ട് ആ രൂപത്തെ പ്രാപിക്കാൻ പറ്റും അതാണ് ആത്മസ്വരൂപ അപരിത്യാഗിന സ്വസ്വരൂപത്തെ ധരിക്കാതെ സ്വർണത്തിൽ നിന്നും മാറി ആഭരണമാകാൻ സാധ്യമല്ല അപ്പൊ ഈശ്വരൻ അല്ലാതെ ആയിട്ട് സൃഷ്ടി സാധ്യമല്ലെന്നാണ് പറയുന്നതിന്റെ താല്പര്യം ഈ വിപുലമായ സൃഷ്ടി അനന്തമായ പ്രപഞ്ചം നാമരൂപാത്മകമായ പ്രപഞ്ചം ഒരിക്കലും ഈശ്വരൻ അല്ലാതാകാൻ കഴിയത്തില്ല ബ്രഹ്മൻ തന്നെ വ്യക്തമായി പറയുന്നു ആത്മ സ്വരൂപ അപരിത്യാഗീന യുവാ ആത്മസ്വരൂപ ഈശ്വരസ്വരൂപം ആത്മാന്നുള്ള വാക്കാണ് ശ്രദ്ധീലുപയോഗിച്ചത് അതിന് വിടാതെ തന്നെ അതിനൊന്നും മാറാതെ തന്നെ പക്ഷേ നമ്മളിവിടെ മാറുന്നില്ലെന്ന് പറഞ്ഞാലെങ്ങനെ അത് സ്വീകരിക്കാൻ പറ്റും പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു ഈശ്വരനെ അനുഭവിക്കുന്നില്ല പ്രപഞ്ചത്തെ കാലദേശങ്ങളിലൂടെ അനുഭവിക്കുന്നു കാലദേശങ്ങളെന്ന് പറയുന്ന രണ്ട് ഉപാധിയിലൂടെ ഇന്ന ദേശത്ത് ഇന്ന കാലത്ത് ഇന്ന വസ്തു അങ്ങനെയാണ് പ്രപഞ്ചത്തെ അറിയുന്നത് കാലദേശങ്ങളുടെ സഹായത്തോടുകൂടി അനുഭവപ്പെടുന്ന ഈ വസ്തു ഈ പ്രപഞ്ചം ഇത് ഈശ്വരസ്വരൂപം തന്നെയെന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും പറയുന്നു ശരി കാണുന്ന നാമരൂപങ്ങൾ മാത്രമല്ല ഈശ്വരസ്വരൂപം എന്ന് പറയുന്നത് ഈ നാമരൂപങ്ങൾ അനുഭവപ്പെടണമെങ്കിൽ എന്ത് വേണം കാലദേശങ്ങൾ വേണം കാലദേശങ്ങൾ കൂടാതെ നാമരൂപങ്ങൾ അനുഭവപ്പെടത്തില്ല ഈ അനുഭവത്തിന് കാരണമായിരിക്കുന്ന കാലദേശങ്ങൾ പോലും ബ്രഹ്മണ അപ്രവിഭക്തം ബ്രഹ്മത്തിൽ നിന്ന് ഉയർത്തിരിക്കാൻ കഴിയാത്തതാണ് അപ്പം പിന്നെ നാമരൂപങ്ങളുടെ കാര്യം പറയാനുണ്ട് എന്ന് പറയുന്നത് ബ്രഹ്മണ അപ്രവിഭക്തദേശകാലേ കുടുംബത്തിൽ നിന്ന് ഒരു തരത്തിലും മാറ്റി നിർത്താൻ കഴിയാത്ത ദേശകാലങ്ങൾ ആ ദേശകാലങ്ങളിലൂടെ അനുഭവപ്പെടുന്ന നാമ്പരൂപങ്ങൾ ഇതെല്ലാം ആത്മസ്വരൂപ അപരിത്യാഗനീവ സ്വസ്വരൂപത്തെ വിടാതെ തന്നെ ഈശ്വരനായി ഇരുന്നു കൊണ്ട് തന്നെ സർവാവസ്ഥ എല്ലാവസ്ഥകളിലും വ്യാക്രിയത് സൃഷ്ടിയെന്നോ സ്ഥിതി എന്നോ സ്വപ്നമെന്നോ പറയുന്നിടത്ത് അല്ലെങ്കിൽ ജാഗ്രത എന്നോ സ്വപ്നമെന്നോ സുഷുപ്തി എന്നോ പറയുന്നിടത്ത് സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുന്നിടത്ത് സർവത്ര സർവ ഇതിങ്ങനെ പ്രകടമാകുന്നു ഈശ്വരനായി എന്നാണ് അപ്പൊ ഈശ്വരൻ നാമരൂപാത്മകമായ പ്രപഞ്ചമായി പ്രകടമായപ്പോ ഈശ്വരൻ അല്ലാതായില്ല അത് ഈശ്വരനായി തന്നെയാണ് പ്രകടമായിരിക്കുന്നത് ജഗത് മിഥ്യ എന്ന് പറയുന്നതിന്റെ താല്പര്യം അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ജഗത് മിഥ്യ എന്ന് പറയുന്നത് എന്താ എന്റെ താല്പര്യം ജഗത് ഈശ്വരനാണ് അതാണ് എന്റെ താൽപര്യം അതാണ് നമ്മുടെ വ്യക്തമായി പറയുന്നത് എന്താണ് ദേശകാലങ്ങൾ പോലും ബ്രഹ്മണ അപ്രവിഭക്തം ദേശകാലങ്ങളെപ്പോലും ഈശ്വരൻ നിന്ന് വേർതിരിക്കാൻ സാധ്യമല്ല അപ്പൊ നാമരൂപങ്ങളോ നാമരൂപങ്ങളെയും വേർതിരിക്കാൻ സാധ്യമല്ല സ്പഷ്ടമായി പറയുന്നു ആത്മസ്വരൂപ അപരിത്യാഗനെയോ ആത്മസ്വരൂപത്തെ ത്യജിക്കാനും കഴിയില്ല ആഭരണത്തിന് എങ്ങനെ സ്വർണത്തെ ത്യജിക്കാൻ കഴിയും മൺപാത്രത്തിന് എങ്ങനെയാണ് മണ്ണിനെ ത്യജിക്കാൻ കഴിയുക അപ്പൊ പ്രപഞ്ചത്തിൽ ഈശ്വരനെ തിരിക്കാൻ സാധ്യമല്ല അത് ഈശ്വരൻ തന്നെയാണോ അങ്ങനെ അത് പ്രകടമാകുന്നു യഥാ തഥ എപ്പോഴാണോ ആ രീതിയിൽ നാമരൂപങ്ങൾ പ്രകടമാകുന്നത് അത് തന്നെയാണ് ജാഗ്രത സംഭവം സുഷൃതിയിൽ നാമരൂപങ്ങളില്ല ആർക്കവിടെ നാമരൂപങ്ങളില്ലാത്തത് സുഷ്തൻ ഉറങ്ങുന്നവണർന്നിരിക്കുന്നവനുണ്ട് ഉറങ്ങുന്നവന്റെ നിലയിൽ ചിന്തിക്കണം അവന് നാമരൂപങ്ങളില്ല നാമരൂപങ്ങൾ ഉണ്ടെങ്കിൽ ഉണർന്നു ഉറക്കമല്ല ഉണരുമ്പോഴോ നാമരൂപങ്ങൾ പ്രകടമാകുന്നു ഇത് പ്രകടമാകാൻ ഏതാ സ്ഥലം കാരണം ഉറങ്ങുന്നവനല്ലാതെ അവിടെ രണ്ടാമതൊന്നും ഉണ്ടായിരുന്നില്ല െങ്കിൽ അറിയണമല്ലോ സുഷുപ്തിയിൽ കേവലം ഉറങ്ങുന്നവൻ മാത്രം അല്ലെങ്കിൽ പറയണെന്താണ് അവിടെ നാമരൂപങ്ങൾ ഉണ്ടായിരുന്നത് അത് പറയാൻ കഴിഞ്ഞില്ല സുപ്തനെ സംബന്ധിച്ചിടത്തോളം കേവലമായ സ്വസ്വരൂപം മാത്രം അത് കഴിഞ്ഞാണ് ജാഗ്രതയിൽ വന്നപ്പോൾ നാമരൂപങ്ങൾ പ്രകടമായത് അപ്പൊ ഇതെവിടെ നിന്ന് വന്നോ ആ സുഃതനിൽ നിന്ന് എന്താ വ്യത്യാസം അവിടെ പ്രകടമായില്ല പിന്നീട് പ്രകടമായി അപ്പൊ ഈ പ്രകടമായതെന്താണ് അത് തന്നെയാണ് രണ്ടാമതൊന്നുമില്ല പ്രകടമാകുന്നതിന് മറ്റൊന്നിനെ ആശ്രയിക്കാനുമില്ല സർവസ്ഥ സു ഇത് തന്നെയാണ് സൃഷ്ടിയിൽ സംഭവിക്കുന്നത് സിഷ്ടമായിരിക്കുന്ന നാമരൂപങ്ങൾ അതുതന്നെയാണ് തഥാ തന്നാമരൂപ വ്യാകരണം ബ്രഹ്മണു ബഹുഭവനം അതുപോലെയാണ് ഈ നാമരൂപ വ്യാകരണം അതാണ് ബ്രഹ്മത്തിന്റെ ബഹുഭവനം സ്വകാമേയത ബഹുശ്യാം പ്രജായ ഞാൻ പലതായി ചിരട്ടെ എന്നവൻ കൽപ്പിച്ചു എന്ന് പറയുന്നതിന് താൽപ്പര്യം ഇതാണ് ഈശ്വരൻ പലതാകുന്നത് ഈശ്വരനായിട്ട് തന്നെ പലതായിട്ടല്ല നന്യതാ നിരവയസി ബ്രഹ്മണോ ബഹുത്വ ആപത്തി ഉപപദ്ധ്യത അൽപത്തുമ്പൊരു രീതിക്കല്ലാതെ നിരവയവനായിരിക്കുന്ന ബ്രഹ്മം അവയവശൂന്യനായിരിക്കുന്ന ബ്രഹ്മം ഈശ്വരൻ അവയവങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭാഗങ്ങൾ വന്നു അത് വികാരപ്പെട്ട് നശിക്കും അങ്ങനെ ഒരു നാശത്തിനും വിധേയനാകാത്ത നിത്യനായിരിക്കുന്ന നിരവയവനായിരിക്കുന്ന ഈശ്വരന്റെ പ്രപഞ്ചഭാവം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നാമരൂപങ്ങളുടെ പ്രകടഭാവം മാത്രമാണ് അതല്ലാതെ ബഹുത്വാപത്തി അല്ലെങ്കിൽ കൂടുക പലതാകുക ഒന്നാകുക ഇതൊന്നും സംഭവിക്കത്തില്ല യഥാകാശി അല്പത്തൊമ്പത് വസ്തുഅന്തിരകൃതം ആകാശത്ത് നോക്കുക ആകാശത്തിന് വലിയ ആകാശവും ചെറിയ ആകാശവും പറയാം സൂചിപ്പഴയിലെ ആകാശം ചെറിയ ആകാശം വീട്ടിലുള്ള ആകാശം വലിയ ആകാശം ഇതെല്ലാം പറയാം ഇതെല്ലാം എന്തുകൊണ്ട് വസ്തു അന്തരകൃതം പാത്രമോ വീടോ ഇതെല്ലാം കൊണ്ട് ആകാശത്തിന് വലുപ്പച്ചെറുപ്പത്തെ കാണും അതുപോലെ ബ്രഹ്മത്തിൽ സാധ്യമല്ല അത തദ്വാരേണ ഏവാത്മാ ബഹുഭവതി അതുകൊണ്ട് ആത്മാവ് സ്വയം ആത്മാവിലൂടെ തന്നെ പലതാകുന്നു മറ്റൊന്നിനെ ആശ്രയിച്ചിട്ടില്ല ഏകനായിരിക്കുന്ന ാമരൂപരഹിതനായിരിക്കുന്ന ഈശ്വരൻ എന്നെ കുറിച്ചാണ് പറയുന്നത് പല ജീവനായി നാമരൂപത്തോടുകൂടിയവനായി ഇത് പരസ്പരം വിരുദ്ധമുള്ള കാര്യങ്ങളാണ് ഇതിനെ യോജിപ്പിക്കുന്ന വ്യക്തി എന്താണ് ഈശ്വരനേകനാണ് നാമരൂപരഹിതനാണ് അതേ ഈശ്വരൻ തന്നെ പലതായി നാമരൂപങ്ങളോട് കൂടിയനായി എന്ന് പറയുമ്പോൾ ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യമാണെന്ന് വരുന്നത് ഈ വൈരുദ്ധ്യത്തെ പരിഹരിക്കുന്നത് എന്താണ് അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത് മായ മായാശക്തി അത് മാത്രമേ അതിന് സമാനം പറയാനുള്ളൂ വേറെ ഒന്നുമില്ല യുക്തിയില്ലാത്ത ഒന്നും അങ്ങനെ ഒരു ശക്തിയുണ്ടോ മായാശക്തി എന്ന് പറ മഹേന്ദ്രജാലം അവിടെ എന്താണോ ഇന്ദ്രജാല ശക്തി കൊണ്ട് ഇല്ലാത്ത പലതിനും ഉണ്ടാക്കി കാണിക്കുന്നു അതുപോലെ അതിന് സമമായി ഇവിടെയും സംഭവിക്കാം അതിന് ഉദാഹരണമാണ് രജി സർപ്പദൃഷ്ടാന്തവും മറ്റും പറയുന്നു ഇല്ലാത്ത ഒന്നിനും ഇതൊക്കെ ഉണ്ടാക്കി കാണിക്കാം അതാരേണ എന്ന ആത്മാ ബഹുഭവതി തന്നിൽ തന്നെയുള്ള നാമരൂപങ്ങളുടെ പ്രകടഭാവത്തിലൂടെ ഏകമായിരിക്കുന്ന ആത്മാവ് പല ജീവന്മാരായിത്തീരുന്നു നിയ ആത്മന അന്യ അനാത്മഭൂതം തീശകാലം സൂക്ഷ്മം വ്യവഹിതം വിപ്രകൃഷ്ടം ഭൂതം ഭവത് ഭവിഷ്യത് വസ്തുവിദ്യ വളരെ വ്യക്തമായി ഇവിടെ പറയുന്നു പറയുന്നു ഈ പ്രപഞ്ചം മിഥ്യാണ് മിഥ്യയാകാൻ ഇവിടെ എന്താ ഉള്ളത് ഒന്നുണ്ടായിട്ട് വേണ്ട മിഥ്യയാകാം സൃഷ്ടാവായിരിക്കുന്ന ഈശ്വരൻ നിന്ന് അന്യമായിട്ടൊന്നില്ല എന്താണ് ആത്മനോ അന്യത് അനാത്മഭൂതം ആത്മാവല്ലാത്ത ഈശ്വരനല്ലാത്ത രണ്ടാമതൊന്നില്ല അങ്ങനെ ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് മിഥ്യ എന്ന് പറയാം പറയുന്നു ആത്മനോ അന്യത് അനാത്മഭൂതം ആത്മാവല്ലാത്ത ഒന്നില്ല തത്പ്രവിഭക്തദേശകാലം അതിൽ നിന്നും വേറിട്ട ദേശത്തോടും കാലത്തോടും കൂടിയത് ഈശ്വരനിൽ നിന്നും അന്യമായൊരു ദേശകാലത്തോടുകൂടിയത് സൂക്ഷ്മമായത് ഈശ്വരനേക്കാൾ സൂക്ഷ്മം അല്ലെങ്കിൽ ഈശ്വരനിൽ നിന്നും അന്യമായ സൂക്ഷ്മമായത് വിവഹിതം ഈശ്വരനിൽ നിന്നും വിവഹിതമായത് വിപ്രകൃഷ്ടം ഈശ്വരനിൽ നിന്നും ദൂരെ ഇരിക്കുന്നത് ഭൂതം ഈശ്വരനെ സംബന്ധിച്ച് ഭൂതമായത് പഴയത് ഭവത് ഈശ്വരനെ സംബന്ധിച്ച് വർത്തമാനത്തിലുള്ളത് ഈശ്വരനെ സംബന്ധിച്ച് ഭാവിയിൽ വരാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു വസ്തു ഇവിടെയില്ല ആത്മാവിൽ നിന്നും അന്യമായി ഏതെങ്കിലും വിശേഷണങ്ങളെ കൊണ്ട് വിശേഷിപ്പിക്കാവുന്ന ഒരു വസ്തുവില്ലെന്നും അന്യമില്ലെങ്കിൽ പിന്നെ മിഥ്യയാകുന്ന ജഗത്ത് എന്ന് പറയുന്ന ഏതിനെയാണ് മിഥ്യ എന്ന് പറയുന്നതിന്റെ താല്പര്യത്തെ ഇങ്ങനെ മനസ്സിലാക്കണം രജിസർപ്പം എന്ന് പറയുന്ന ഉദാഹരണത്തിലൂടെ നമ്മുടെ മനസ്സിൽ പതിയെന്ന് മാത്രം പോരാ ഈശ്വരൻ തന്നെയാണ് പ്രപഞ്ച രൂപത്തിലിരിക്കുന്നത് ഈശ്വരൻ നിന്നും അന്യമായൊരു പ്രപഞ്ചമില്ല വസ്തു നവിദ്യ മറ്റൊരു വസ്തുവിദ്യ അതോ നാമരൂപേ സർവാവസ്ഥേ ബ്രഹ്മണേന ആത്മവതി അതുകൊണ്ട് ഈ നാമരൂപങ്ങൾ ഏത് അവസ്ഥയിലായാലും ശരി ബ്രഹ്മണേന ആത്മവതി അത് ബ്രഹ്മത്താൽ ആത്മവത്തുക്കളായിരിക്കുന്നു നാമരൂപങ്ങൾ സത്തായിരിക്കുന്നു ബ്രഹ്മരൂപത്തിൽ അസത്തായിരിക്കുന്നു എന്നർത്ഥം അതാണ് നാമരൂപേ ബ്രഹ്മണേന ആത്മാവതി മാല സുവർണരൂപത്തിൽ സത്തായിരിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് കഴിയണം എന്താണോ സുവർണത്തിൽ നിന്നും അസത്തായ ഒരു മാലയെ നമ്മൾക്ക് വേദിച്ചെടുക്കാൻ കഴിയുന്നു എത്ര സമർത്ഥനായ ശില്പിയായാലും ശരി സുവർണത്തിനൊന്നും വേറിട്ട് ഒരു മാലയെ സൃഷ്ടിക്കാൻ കഴിയത്തില്ല വീർത്തിരിക്കാൻ കഴിയത്തില്ല പിന്നെ പറയാം എന്താണ എല്ലാ ശ്രമവും കഴിഞ്ഞിട്ട് ഒടുവിൽ പറയുക ഈ മാല സുവർണം തന്നെ നാമരൂപേ ബ്രഹ്മണേന ആത്മവതി ബ്രഹ്മത്താൽ അത് ആത്മവത്തായിരിക്കുന്നു മിഥ്യ എന്ന് പറയുന്നത് എന്താ എന്റെ താല്പര്യം അതാണ് ധാരാളം പറയുന്നത് ഇവിടെ പറയുന്നത് പ്രപഞ്ചം അത് തന്നെ മറിച്ച് തന്നെ ബ്രഹ്മകഥാത്മകം അല്ല ബ്രഹ്മം നാമരൂപമാണ് എന്ന് ധരിച്ചു ധരിക്കാതിരിക്കാനാണ് പറയുന്നത് നാമരൂപങ്ങൾ മിഥിയാണ് തിരിച്ചു വരാൻ പാടില്ല ബ്രഹ്മ തഥാത്മകം നാമരൂപസ്വരൂപമല്ല അങ്ങനെ സംഭവിക്കരുത് അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി ബ്രഹ്മം നാമരൂപങ്ങളല്ല നാമരൂപസ്വരൂപമല്ല അത് ഗ്രഹിക്കണം അത് മനസ്സിലാക്കണം അതിനു വേണ്ടിയിട്ടാണ് നാമരൂപങ്ങൾ മിഥ്യയാണ് എന്ന് പറയുന്നത് വാസ്തവത്തിലാണെങ്കിലോ ഈ നാമരൂപം ബ്രഹ്മം തന്നെ ആ വാസ്തവം ഗ്രഹിക്കാൻ നാമരൂപങ്ങളെ നാമരൂപങ്ങളായിട്ടേ കാണാൻ കഴിയുന്നുള്ളൂ ബ്രഹ്മമായി കാണാൻ കഴിയുന്നില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ പറയുക എന്താണോ അത് മിഥ്യയാണ് പരമാർത്ഥമല്ല ഈ രണ്ട് ശരിയാണ് അദ്വൈതത്തിൽ ജഗത് മിഥ്യ എന്ന് പറഞ്ഞാൽ ശരിയാണ് ഇവിടെ ഇപ്പം പറയുന്നതനുസരിച്ച് എന്തുകൊണ്ട് ജഗത്ത് എന്ന് പറഞ്ഞാൽ നാമരൂപങ്ങൾ ആ നാമരൂപങ്ങൾ സദാത്മകമാണോ ബ്രഹ്മസ്രൂപമാണോ അതിലൊന്നും വേറിട്ടില്ല ഉണ്ടെന്ന് കരുതിയാൽ അത് മിഥ്യയാണ് േ തത് പ്രത്യാഖ്യാനസ്ഥ ആ നാമരൂപങ്ങൾ ബ്രഹ്മത്തെ കൂടാതെ അതിന് നിലനിൽക്കാൻ വയ്യ ബ്രഹ്മരൂപത്തിലേ അതിന് നിലനിൽക്കാൻ കഴിയുന്നുള്ളൂ ശരി സ്വർണത്തെ മാറ്റുക മാല എങ്ങനെ നിലനിൽക്കുക സങ്കൽപ്പിക്കാൻ കൂടി മറിയുക സ്വർണത്തെ സങ്കൽപ്പിക്കാം അതുകൊണ്ട് നാമരൂപങ്ങൾ ഈ ബ്രഹ്മത്തെ നിഷേധിച്ചാൽ നാമരൂപങ്ങൾക്കും നിലനിൽപ്പില്ല വേദി തദാത്മകെ അതുകൊണ്ട് പറയുന്ന എന്താണ് ആ നാമരൂപങ്ങൾ ബ്രഹ്മസ്വരൂപം തന്നെ ഈശ്വരസ്വരൂപം തന്നെ അങ്ങനെയുള്ള സത്യമാണ് അപ്പൊ എന്തായി അത് ബ്രഹ്മം തന്നെ അതിനെ നിഷേധിക്കാം മയ്യ വേറിട്ട് കാണുകയാണെങ്കിൽ നിഷേധിക്കാം അപ്പോൾ പറയാം അത് മിഥ്യയാണ് സത്യം എന്താ അദ്വൈതത്തിൽ ഇത് രണ്ടും മനസ്സിലാക്കുന്നു ഒന്ന് മാത്രം മനസ്സിലാക്കില്ല ശങ്കരാചായിട്ട് പറഞ്ഞു പ്രപഞ്ചം മിഥ്യയാണ് ശങ്കരാചായിട്ട് പറഞ്ഞു ശരിയാ പ്രപഞ്ചം മിഥ്യയാണ് പക്ഷെ എന്താ അതിന്റെ താല്പര്യം അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതും പറഞ്ഞു ബ്രഹ്മണേന ആത്മവതി ഈ പ്രപഞ്ചം ബ്രഹ്മരൂപത്തിൽ സത്താണ് ആത്മവത്താണ് അതും പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചം സത്താണ് എന്ന് ശങ്കരായിട്ട് പറഞ്ഞിട്ടുണ്ട് പ്രപഞ്ചം മിഥ്യയാണ് ഇതും പറഞ്ഞിട്ടുണ്ട് രണ്ടിന്റെയും പരമമായ താല്പര്യം ഒന്ന് തന്നെ അതിൽ ഒന്നിന് മാത്രം എടുത്തിട്ട് പ്രപഞ്ചം ഇത്രയും സ്ഥൂലമായിരിക്കുന്ന വ്യവഹാരയോഗ്യമായിരിക്കുന്ന ഈ പ്രപഞ്ചം അസത്താവുമോ അങ്ങനെ പറഞ്ഞെങ്കിലും അത് അബദ്ധമല്ലേ എന്ന് ചോദിക്കുന്നതും അത് മനസ്സിലാക്കാതെ ചോദിക്കുകയാണ് സദാത്മകേ അതുകൊണ്ട് ഇതെല്ലാം ഐശ്വരസ്വരൂപം തന്നെ ബ്രഹ്മസ്വരൂപം തന്നെ അതുതന്നെയാണ് മിഥ്യാത്മത്തിൻ്റെ താല്പര്യം വേറിട്ട് ഉണ്ടെന്ന് കാര്യം മിഥ്യയായി വളരെ പ്രധാനപ്പെട്ട രീതിയിൽ മനസ്സിലാക്കേണ്ടതാണ് അദ്വൈതത്തെ സംബന്ധിച്ച് നിലനിൽക്കുന്ന വലിയൊരു അബദ്ധമാണ് ശങ്കരാചാര്യ ഇതിനെല്ലാം മിഥ്യ എന്ന് പറഞ്ഞ് നിഷേധിച്ചു ബ്രഹ്മണേനാത്മവത് ഈ നാമരൂപങ്ങൾ ബ്രഹ്മത്താൽ ആത്മവത്തായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നാമരൂപങ്ങൾ ആത്മാവാണ് സത്യം തന്നെ എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ ബ്രഹ്മത്തെ മറന്നിട്ട് അതിനെ വിസ്മരിച്ചിട്ട് നാമരൂപങ്ങളാണ് സത്യം എന്ന് പറഞ്ഞാൽ അവിടെയുള്ളൂ അതാണ് ആ ഒരു ഭാഗമാണ് ദ്വൈതത്തിൽ അംഗീകരിക്കാത്തത് ബ്രഹ്മത്തെ കാണാമെങ്കിൽ ഇതെല്ലാം സത്യം തന്നെ അതാണ് തദാത്മക്കേ ഉച്ചയത്തെ ഈ നാമരൂപങ്ങളെല്ലാം ബ്രഹ്മസ്വരൂപം തന്നെ ഇതിൽ കൂടുതൽ വ്യക്തമാക്കാൻ കഴിയത്തില്ല താഭ്യം ഉപാധിഭ്യം ജ്ഞാതൃ ജ്ഞേയ ജ്ഞാന ശബ്ദാർത്ഥാദിസർവസംവ്യവഹാര അപ്പൊ ഈ നാമരൂപങ്ങളാകുന്ന രണ്ടുപാധികൾ ഉപാധി എന്ന് പറയുമ്പോൾ പരമാർത്ഥത്തിൽ ഇല്ലാത്തതും ഉള്ളതുപോലെ അനുഭവപ്പെടുന്നുമാണ് ഈ ഉപാധികളെ ആശ്രയിച്ചിട്ട് ജ്ഞാതൃയ ജ്ഞാനശബ്ദാർത്ഥാദി സർവ സംവ്യവഹാരഭാഗ് ബ്രഹ്മ ഈ നാമരൂപങ്ങളാകുന്ന ഉപാധികളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇതേ ബ്രഹ്മം തന്നെ ജ്ഞാതാവായി അറിയുന്നവനായി ജ്ഞേയമായി നാമരൂപങ്ങളായി ജ്ഞാനമായി ഇതിനെ രണ്ടേയും ബന്ധിപ്പിക്കുന്ന കണ്ണി ആയി ജ്ഞാന ശബ്ദാർത്ഥാദി സർവവ്യവഹാര സർവവ്യവഹാരങ്ങൾക്ക് ഇത് കാരണമായി തീരുന്നു ശബ്ദാർത്ഥ വ്യവഹാരങ്ങൾക്കെല്ലാം ഇത് കാരണമായി തീരുന്നു സാഭ്യം ചുപാധിഭ്യം ഈ നാമരൂപങ്ങളാകുന്ന രണ്ട് ഉപാധികളൊക്കെ ഉണ്ട് അവിടെ സത്യത്വ വ്യവഹാരമോ മിഥ്യാത്വ ഏതുമാകാം ഏതായാലും ദോഷമില്ല എന്തുകൊണ്ട് അത് ബ്രഹ്മം തന്നെയാണ് അപ്പോൾ അതിൽ നിന്ന് വേറിട്ട് ചിന്തിച്ചാൽ പറയുക കൽപ്പനയാണ് സത്യമെന്താ അതാണ് ഈശ്വരനും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധം ഈശ്വരനും നാമരൂപങ്ങളും തമ്മിലുള്ള ബന്ധം ആ നാമരൂപങ്ങൾ ഈശ്വരൻ തന്നെ ഈശ്വരൻ നിന്ന് വേറിട്ട് ആ നാമരൂപങ്ങൾക്കും നിലനിൽപ്പില്ല ഇതാണിവിടെ ആത്മാവിനെ കുറിച്ച് പറയുന്നത് സ ആത്മാവം കാമഹ സന്തപോ അതപ്യത അങ്ങനെയുള്ള ഈശ്വരൻ ഏവം കാമഹ ഇങ്ങനെ കാമിക്കുന്നവനാണ് ഈശ്വരൻ തപ്പോ അതപ്യത തപസ്സനുഷ്ഠിച്ചു എന്നാണ് കാമിയായി തപസ്സനുഷ്ഠിച്ചു എന്നാണ് എന്താണോ തപ ഇത് ജ്ഞാനമിച്ചതി തപസ്സെന്ന് വെച്ചാൽ ജ്ഞാനമയം തപ മുണ്ട പറയുന്നു തപസ് ജ്ഞാനമയമാണെന്ന് പറയുന്നു ആപ്തകാമത്വച്ച ഇതര അസംഭവ തപസ്സ ഇവിടെ തലകുത്തി നിൽക്കുന്ന തപസ്സം കൃച്ഛാന്തരായണാദി തപസ്സുകളും എന്തുകൊണ്ട് ശ്രീ ജ്ഞാനപയമയം തപഹ എന്ന് മുണ്ടകത്തിൽ തന്നെ നേരിട്ട് പറഞ്ഞിരിക്കുന്നു ശ്രുത്യന്തിരാ അപ്പൊ ജ്ഞാനം തന്നെ തപസ് ഈശ്വരന് മറ്റ് തപസ്സിന്റെ ആവശ്യമുണ്ട് ആപ്തകാമത്വം അതീശ്വരന് ആപ്തകാമനാണ് തപസ്സെന്തിനാ എന്തെങ്കിലും ഒരു കാമ്യമായി ഒന്നിനെ നേടാൻ വേണ്ടിയിട്ടാണ് ആപ്തകാമനായിരിക്കുന്ന ഈശ്വരന് തപസ്സിന്റെ ആവശ്യമുണ്ടോ അപ്പൊ ഈശ്വരന്റെ ജ്ഞാനം തന്നെ തപസ്സോ ആ ജ്ഞാനം എന്താണ് ഈശ്വരന്റെ സ്വരൂപം തന്നെ ഇതരസ്യ അസംഭവം തപസ്സംഭവ മറ്റൊരു തപസ്സും കൂടെ യോജിക്കത്തില്ല സ തപു അതപ്യത തപ്തവാൻ അങ്ങനെയുള്ള ഈശ്വരൻ തപിച്ചു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ജ്ഞാനം പ്രകാശിച്ചു സൃഷ്ടിവിഷയകമായ പ്രപഞ്ചവിഷയകമായ ജീവഭിഷേകമായ ബന്ധമോക്ഷവിഷയകമായിട്ടുള്ള ആ ജ്ഞാനം ഈശ്വരനിൽ പ്രകാശിച്ചു എങ്ങനെയാണോ നാമരൂപങ്ങൾ പ്രകടമായി എന്ന് പറഞ്ഞതുപോലെ അതുപോലെ ഇവിടെ ഈശ്വരനിൽ ജ്ഞാനം പ്രകടമായി ഇവിടെ ഇത്രയും പറയുന്ന സൃഷ്ടിക്കും മുമ്പ് അവിടെ ചോദിക്കരുത് ഏത് സൃഷ്ടി എന്ന് ഏതു കാലത്ത് എപ്പോൾ അതല്ല ഉദ്ദേശിക്കുന്നു സൃഷ്ടിക്കുന്ന മുമ്പ് ജ്ഞാനം പ്രകടമായി അതുതന്നെയാണ് നമ്മുടെ അനുഭവത്തിനും ജാഗ്ര സ്വപ്നം സുഷൃക്തിയിലേക്ക് പോയി സുശൃത്തിയിൽ നിന്ന് തിരിച്ച് ഈ ലോകത്തിലേക്ക് വരുമ്പോൾ ആദ്യം പ്രകടമാകുന്ന എന്താ ജ്ഞാനം അറിയുന്നു അറിവിലൂടെ ഈ പ്രപഞ്ചം നാമരൂപങ്ങൾ ഉള്ളിലേക്ക് കടന്നു വരുന്നു ഈ നാമരൂപങ്ങളെ ഉള്ളിലേക്ക് ബന്ധിപ്പിക്കുന്ന എന്താണ് കേവലമായ അറിവ് മാത്രമാണ് അതുപോലെ ജ്ഞാനസ്വരൂപനായ ഈശ്വരനുണ്ടായ ജ്ഞാനം അതിൽ ഈ സൃഷ്ടികൾ സംഭവിക്കുന്നു പ്രകാശിക്കുന്നു സൃജ്യമാന ജഗദ്രചനാദിവിഷയ ആലോചന അക്കറാത്മാ ഈ ആത്മാവെന്ത് ചെയ്തു സജ്ജിമാന ജഗദ്രചനാദി വിഷയം ആലോചന അങ്ങനെ ഒരു ആലോചന എന്ന് പറഞ്ഞ ചിന്ത അങ്ങനെ ഒരു സങ്കല്പം ജഗത് രചനാദിവിഷയം ജഗത്തിൻ്റെ രചനാ സൃഷ്ടി ജഗത്തിൻ്റെ നിലനിൽപ്പ് ജഗത്തിൻ്റെ സംഹ നാശം ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന ഒരു കൽപ്പന ഒരു ഭാവന ഒരു ജ്ഞാനം ജ്ഞാനസ്വരൂപനിൽ ഉദയം ചെയ്യുന്നു അങ്ങനെയാണോ സമുദ്രത്തിൽ ഒരു വലിയ തിരയുണ്ടാകുന്നത് സമുദ്രത്തിൽ എത്ര വലിയ തിരയുണ്ടായാലും ശരിയാ ഉണ്ടാകുന്ന ഒരു തിരയും ജനം അല്ലാതായി മാറത്തില്ല ജലം തന്നെ അതുപോലെ ഈശ്വരനിൽ വന്ന കാമന ശിഷ്യ ശ്രീ കാമന അത് ജ്ഞാനസ്വരൂപനായ ഈശ്വരൻ തന്നെ ജ്ഞാനം തന്നെ സെമാലോച്യ തപസ്താണിർമാതിനിമുപം ജഗദ്ദേശത്താമൂപം അനുഭൂയമാനം ആസൃജ്യ സൃഷ്ടൂപങ്ങൾ പ്രകടമാകാതിരിക്കുന്ന ജാനം പ്രകടമായി തപസ്തപ്ത്വ ആ ജ്ഞാനം കൊണ്ട് ആ ജ്ഞാനത്തിലൂടെ സൃഷ്ടിയുടെ പൂർണ്ണതയെ കാണുന്നു അനന്തമായ ജീവന്മാര് പശുപക്ഷി മൃഗാദികൾ ഇവയ്ക്കെല്ലാം അനന്തമായ സംസ്കാരങ്ങൾ ആ സംസ്കാരങ്ങൾക്കനുസരിച്ച് വിവിധ യോനികളുടെ ജനനം ഇതെല്ലാം ആലോചിച്ച തന്റെ ഭാവനയെ കാണുന്നു തപസ്തപ്ത്വ ഭാവിക്കുന്നു പ്രാണികർമാതിനിമിത്താനുരൂപം പുണ്യം വേണ്ടവന് പുണ്യം പാപം വേണ്ടവനും പാപം ദുഷ്ടന് ദുഷ്ടൻ ശിഷ്ടന് ശിഷ്ടൻ ഇത്തരത്തിൽ പ്രാണികളുടെ കർമ്മങ്ങളാകുന്ന നിമിത്തങ്ങളെയും മറ്റും ആശ്രയിച്ച് സർവം ജഗ ഈ ജഗത്തല്ല എന്തിനാണ് പ്രാണികർമ്മത്തെ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ചിലർക്ക് സുഖവും ചിലർക്ക് ദുഃഖവും കൊടുക്കുന്നതുകൊണ്ട് ഈശ്വരൻ കുറൂരനായിപ്പോ പക്ഷപാതമുള്ളവനായിപ്പോ ഈശ്വരൻ അതൊന്നും സംഭവിക്കുന്നില്ല അതല്ലേ ഇത്തരത്തിൽ ഈശ്വരനെ അംഗീകരിക്കാത്തവർക്ക് ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയത്തില്ല രോഗിയായും ഒരുവൻ ആരോഗ്യായും ഒരുവൻ സുഖിയായും ദുഃഖിയായും എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്തുകൊണ്ട് ഈശ്വരൻ ഇങ്ങനെ സൃഷ്ടിച്ചു എന്താ സമാധാനം പറയുന്നു കർമ്മത്തെ സ്വീകരിക്കാത്തവർക്ക് ഇതിന് സമാധാനമില്ല അത് സൃഷ്ടി അതിന്റെ സ്വഭാവമാണ് അതങ്ങനെയാണ് എന്നേ പറയാൻ പറ്റും പക്ഷേ സൃഷ്ടിയിൽ കർമ്മത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇതിന് എന്താണ് കർമ്മനിമിത്തം ഈശ്വരൻ തന്റെ വിജ്ഞാനത്തിൽ ഭാവനയിൽ ജ്ഞാനത്തിൽ സർവപ്രാണികളുടെയും കർമ്മത്തെ പുണ്യപാപങ്ങളെ കാണുന്നു അതിനനുസരിച്ച് സർവം ജഗത് കാലത്ത് നാമനാരൂപേണ ദേശം കൊണ്ട് കാലം കൊണ്ട് നാമം കൊണ്ട് രൂപം കൊണ്ട് യഥാനുഭവം എങ്ങനെയാണോ ജീവന്മാർ അനുഭവിക്കുന്നത് സർവപ്രാണിഭി സർവാവസ്ഥൈഹി എല്ലാ പ്രാണികളും എല്ലാ വസ്തുക്കളിലും എങ്ങനെയാണോ അതിനെ അനുഭവിക്കുന്നത് അനുഭൂയമാനം എങ്ങനെ അനുഭവിക്കുന്നു അതുപോലെ അസുജത സൃഷ്ടവാൻ സൃഷ്ടിച്ചു ജീവികളുടെ അനുഭവം എങ്ങനെയാണോ അതുപോലെ സൃഷ്ടിച്ചു സ്വയവും എന്തു ചെയ്തിട്ടാണോ ചിന്തിച്ച് സങ്കല്പം കൊണ്ട് സർവപ്രാണി കർമ്മങ്ങളെയും സങ്കല്പം കൊണ്ട് ഗ്രഹിച്ചിട്ട് വേഷം കാലം നാമ രൂപം ഇതനുസരിച്ച് ഈ ജഗ ഈ ജഗത്ത് പറഞ്ഞാൽ അനേക കോടി ജീവന്മാർക്ക് ഭൂഗത്തിനുള്ളതാണ് അനുഭവത്തിനുള്ളതാണ് അതിനെല്ലാ ജീവന്മാരുടെയും അനുഭവത്തിനു വേണ്ടി അനുഭൂയമാണ് അസൃജത സൃഷ്ടമാണ് അങ്ങനെ സൃഷ്ടിച്ചതായ ഈ ജഗത്ത് നാമരൂപാത്മകമായത് അത് ഈശ്വരൻ തന്നെയാണ് അങ്ങനെ അല്ല അത് മിഥ്യ അതാണ് മിഥ്യയുടെ ആൾക്കാർ അതിലൂടെ ഭാഷ്യകാരൻ വളരെ വ്യക്തമായും സ്പഷ്ടമായും പറയും എന്താണ് സത്യം എന്താണ് വിത്യം മന്ത്രത്തിൽ പറഞ്ഞു ബഹുശ്യം പ്രജായയ ഞാൻ പലതായി തീരട്ടെ സത്തപ്പോ അതപ്യത ആ തപസ് അനുഷ്ഠിച്ചു സത്തപ്പസ്തപ്തോ ആ തപസ്സിന് ശേഷം സർവം അസ്രജത സൃഷ്ടിച്ചു അത് വ്യാഖ്യാനിക്കുന്നു സൃഷ്ടി ഈ നാമരൂപത്തിൽ അവിശിഷ്ടം ഈശ്വരൻ നിന്നും വേറുപിരിക്കാൻ കഴിയാത്തതായി ഈ ജഗത്തിനെ അങ്ങനെ സൃഷ്ടിച്ചു ആഭരണത്തിൽ നിന്നും വേർതിരിക്കാൻ കഴിയാത്തത് മാലയെപ്പോലെ ഈശ്വരനിൽ നിന്നും വേർതിരിക്കാൻ കഴിയാത്തതാ ഈ ജഗത്തിനെ സൃഷ്ടിച്ചു തതിദും ജഗത് സൃഷ്ടി കിമകരോ അത് കഴിഞ്ഞാൽ അതിനും ബുദ്ധിമുട്ടായ കാര്യം വരും സൃഷ്ടൃഷ്ടം ജഗത് അനുപ്രാപിച്ചത് സൃഷ്ടിച്ച ജഗത്തിലേക്ക് അനുപ്രവേശം ചെയ്തു തുടർന്ന് കടന്നു എന്നാണ് ഇതിനെ സംബന്ധിച്ചാണ് ഇവിടെ നീണ്ട ചർച്ച പോയത് സൃഷ്ടിച്ച ജഗത്തിലേക്ക് കടക്ക് അതിങ്ങനെ സംഭവിക്കും എന്തുകൊണ്ട് സൃഷ്ടി അന്യമേ അല്ല സൃഷ്ടി അന്യമാണെങ്കിൽ സൃഷ്ടിച്ച ജഗത്തിലേക്ക് കിടക്കാം വീട് തന്നെ നിന്ന് അന്യമാണ് അതുകൊണ്ട് താൻ വീട് നിർമ്മിച്ചിട്ട് വീട്ടിലേക്ക് കടക്കുന്നു അനുപ്രാവശ്യ അനുപ്രവേശം അതെങ്ങനെ ഇവിടെ സംഭവിക്കും തദ്വ സൃഷ്ടം ജഗത് അനുപ്രാവശ്യ സൃഷ്ടമായ ജഗത്തിൽ എങ്ങനെ ഈശ്വരനെ പ്രവേശിക്കാൻ കഴിയും പ്രവേശിക്കാൻ കഴിയില്ല എന്നുകൊണ്ട് പറഞ്ഞു അപ്രകടമായിരുന്ന നാമരൂപങ്ങൾ പ്രകടമായതാകുന്ന സൃഷ്ടിച്ചു സൃഷ്ടി എന്ന് പറഞ്ഞാൽ അത്രേ സംഭവിച്ചുള്ളൂ അന്യമായി വേറെ ഒന്നിവിടെ വന്നില്ല വരാതിരിക്കെ ഈശ്വരൻ സൃഷ്ടിയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം വീട് വച്ചിട്ട് വീടിൻ്റെ ഉടമസ്ഥൻ വീട്ടിൽ പ്രവേശിക്കുന്ന പോലെയാണോ അത് പറയുന്നു തത്ര ഏത് ചിന്തി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ആലോചിക്കേണ്ട വിഷയമാണ് കഥം അനുപ്രാവശ്യ എങ്ങനെ പ്രവേശിക്കാൻ കഴിയും കഴിയില്ലെന്നാണ് സൃഷ്ടിച്ചിട്ട് പ്രവേശിക്കുക ഈശ്വരന് സാധ്യമല്ല ജീവന് സാധ്യമാവും സൃഷ്ടിച്ച വീട്ടിലേക്കാവൻ പ്രവേശിക്ക ഇവിടെ ഈശ്വരൻ നിന്നും വേറിട്ടൊന്നും ഉണ്ടായില്ല പിന്നെ ഈശ്വരൻ എങ്ങനെ തന്റെ സൃഷ്ടിയിൽ പ്രവേശിക്കാൻ കഴിയും സ്രഷ്ട സ തേനൈവാത്മന അനുപ്രാവിശ്യത് അന്യേനെ ഇതെങ്ങനെ സംഭവിക്കും ഈശ്വരൻ സൃഷ്ടിയിൽ സ്വയം ഈശ്വരനായി പ്രവേശിച്ചു അതോ ഈശ്വരൻ തന്റെ രൂപവും ഭാവവും ഒക്കെ മാറി വരും പ്രാപിച്ചിട്ട് അതിലേക്ക് പ്രവേശിച്ചു അന്യ ഈ പ്രവേശനം എന്ന് പറയുന്നത് സൃഷ്ട സത്തേനേവാത്മനാണ് സ്വസ്വരൂപത്തെ ഈശ്വരനായി തന്നെ സൃഷ്ടിയിൽ പ്രവേശിച്ചു ആ സൃഷ്ടിയിൽ ഈശ്വരൻ പ്രവേശിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ട് പറഞ്ഞ സൃഷ്ടി നാമരൂപം ജഡം അതിൽ ചൈതന്യം കാണുന്നുണ്ട് ഈശ്വരൻ സ്വയം ചേതന സ്വരൂപനാണ് അതെങ്ങനെ ഈ നാമരൂപാത്മകമായ സൃഷ്ടിയിൽ കടന്നുകൂടി അതാണ് എന്തായാലും നാമരൂപങ്ങൾ ആണ് ചൈതന്യം എന്ന് പറയാൻ കഴിയുന്നില്ല ഇപ്പൊ ചൈതന്യം വേറെയാണ് നാമരൂപങ്ങളിൽ നിന്നും വേറെയാണ് അങ്ങനെയുള്ള ഒരു ചൈതന്യം ഈ സൃഷ്ടിയിലുടനീളം കാണുന്നു അതിനാണ് നമ്മുടെ ജീവന്മാരെന്ന് വിളിക്കുന്നത് ഇതെങ്ങനെ ഇതിനകത്ത് കടന്നു വന്നു ഇതെന്താണ് സൃഷ്ടിയിലേക്കുന്നു വേണ്ട തന്റെ ശരീരത്തെ തന്നെ എടുക്കാം ഈ ശരീരത്തിൽ എങ്ങനെ ഈ ചൈതന്യം കിടന്നു വന്നു കാരണം സൃഷ്ടിയാണ് ശരീരം അക്കാര്യത് തർക്കമില്ല ചൈതന്യത്തെ ആരും സൃഷ്ടിച്ചതായി കാണുന്നില്ല അപ്പൊ സൃഷ്ടിയിൽ ഈ ചൈതന്യം എങ്ങനെ വന്നു ശരീരത്തിൽ എങ്ങനെ ഈ ചൈതന്യം വന്നു ശരീരത്തിലെങ്ങനെ ആത്മാവ് വന്നു തന്റെ ശരീരത്തിൽ സംഭവിച്ചതുപോലെ ഈ അനന്തമായ ശരീരങ്ങളിലും എങ്ങനെ ഈ ആത്മാവ് സംഭവിക്കുന്നു അന്യേന ഈശ്വരൻ സ്വയം തന്നെ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല ഈശ്വരൻ നിന്ന് വേറിട്ടിവിടെയില്ല പിന്നെ ജീവഭാവത്തിലാണെങ്കിലോ മറ്റൊരു ഭാവത്തിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാലോ ചോദ്യമാണ് കിം താപതിയുക്തം സൃഷ്ട്രാവശ്യം എന്നാണ് സൃഷ്ട എന്ന് പറയുന്നത് സ്രജിദ്ധാദിൽ നിന്ന് സ്വാപ്രത്യം ഒന്നാണ് അത് പൂർവ്വകാലയെ കാണിക്കുകയാണ് സൃഷ്ടിച്ചിട്ട് പ്രവേശിച്ചു ഒന്നുമ്പോ ഒരു കാര്യം ചെയ്തു അത് കഴിഞ്ഞ് രണ്ടാമത് വേറൊരു കാര്യം ചെയ്തു അതുമാത്രമല്ല ത്വാപ്രത്യകം പ്രയോഗിക്കുന്നിടത്ത് ഒരു നിയമമുണ്ട് രണ്ട് ക്രിയയുടെ കർത്താവ് ഒരാളായിരിക്കണം ഭുക്ത പ്രചതി ഭക്ഷണം കഴിച്ചിട്ട് സഞ്ചരിക്കുന്നു ഒരാൾ ഭക്ഷണം കഴിച്ചിട്ട് വേറൊരാൾ സഞ്ചരിക്കുകയാണെങ്കിൽ നമുക്ക് ഭുക്തപ്രചതി എന്ന് പറയാൻ പറ്റത്തില്ല യാ ഭുക്വാ ഏവ പ്രജതി ആരാണോ ഭക്ഷണം കഴിച്ചത് അവൻ തന്നെയാണ് സഞ്ചരിക്കുന്നത് ഏക കർത്താവായിരിക്കണം എന്നാലേ ആ ക്രിയെ പ്രയോഗിക്കാൻ പറ്റും അതാണ് നിയമം ഇവിടെ അത് തന്നെ സൃഷ്ടമാണ് അതിന്ന് മനസ്സിലാക്കാം സൈവ അനുപ്രാവശ്യ ഏതൊരുവനാണോ സ്രഷ്ടാവ് അവൻ തന്നെയാണ് അനുപ്രവേശനം ചെയ്തത് അതെങ്ങനെ സംഭവിക്കും കാരണം സൃഷ്ടാവിനെ പറഞ്ഞു പറഞ്ഞു അവനിൽ നിന്നും വേർത്ത സൃഷ്ടിയില്ല ില്ലെങ്കിൽ ആ അവൻ തന്നെ പിന്നെ ആ സൃഷ്ടിയിൽ എങ്ങനെ പ്രവേശിക്കും വേറെ വേണ്ടേ സൃഷ്ടി പക്ഷെ ശ്രുതി പറയുന്നുണ്ട് അപ്പൊ ശ്രുതിയുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കണം ശ്രുതി പറയുന്നതിൽ പഴമ്പുണ്ടാവും അതിന്റെ പ്രഥമ ശ്രവണത്തിൽ പോരായ്മ ഇതെങ്ങനെ ശരിയാവും ഇവിടെ രണ്ടില്ലല്ലോ പക്ഷെ പരമാർത്ഥ താല്പര്യം വേറെ പരമാർത്ഥ താല്പര്യത്തിൽ അത് സംഭവിക്കുക എന്താണോ സൃഷ്ടിച്ചവൻ തന്നെ സൃഷ്ടിച്ചവൻ സൃഷ്ടിയിൽ പ്രവേശിച്ചു അതിന്റെ പരമാർത്ഥ താല്പര്യം അത് മനസ്സിലാക്കണം അതിനുവേണ്ടി പറയുന്നു അതിനെ പറയുമ്പോൾ പല ചോദ്യങ്ങളും വരും അതങ്ങനെ സംഭവിക്കും ഏതെല്ലാം സംഭവിക്കാം പക്ഷേ സിദ്ധാന്തി ഏകദേശി പലരുടെയും ചോദ്യങ്ങളുണ്ട് സൃഷ്ടി പ്രവേശിക്കുക സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ ഭേദമില്ലാതിരിക്കുമ്പോൾ എങ്ങനെ സൃഷ്ടി പ്രവേശിക്കാൻ കഴിയും അത് അസംഭവമാണ് അസംഭവമാണെങ്കിൽ ആശ്രുതിവാക്യത്തിന്റെ താല്പര്യവും മനസിലാക്കിയില്ല അശ്രുതിവാക്യത്തിന്റെ താല്പര്യം എന്താണ് അത് മനസ്സിലാക്കണം അപ്പോൾ അത് അസംഭവമല്ലാന്ന് മനസ്സിലാകും അതിനു വേണ്ടിയിട്ടാണ് ഇനി വരുന്ന through the truth.